അതിനാൽ നിങ്ങൾ സത്യനിഷേധികളെ നേരിടുമ്പോൾ അവരുടെ കഴുത്തുകളിൽ വെട്ടുക നിങ്ങൾ അവരെ പൂർണമായും കീഴ്പ്പെടുത്തിയ ശേഷം അവരുടെ ബന്ധനങ്ങൾ മുറുക്കുക പിന്നീട് ഒന്നുകിൽ സൌജന്യമായി വിട്ടയക്കുക അല്ലെങ്കിൽ മോചനദ്രവ്യത്തിന് വിട്ടയക്കുക യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കിവെക്കുന്നതുവരെ അങ്ങനെയാണ് അള്ളാഹു സുബഹാനഹുവ ചായാലായി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരിൽ നിന്ന് അവൻ പ്രതികാരം ചെയ്യുമായിരുന്നു എന്നാൽ നിങ്ങളിൽ ചിലരെക്കൊണ്ട് ചിലരെ പരീക്ഷിക്കാൻ വേണ്ടിയാണത് അല്ലാഹു സുബഹാനഹുവ ചായാലായുടെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ടവരുടെ കർമ്മങ്ങളെ അവൻ ഒരിക്കലും വ്യർത്ഥമാക്കുകയില്ല